അധ്യായം മുപ്പത്തി ആറ് യോഷിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ നാലാമണ്ടിൽ യഹോവെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാടാവിത് നീയൊരു പുസ്തക ചുരുൾ മേടിച്ച് ഞാൻ യോഷിയാവിന്റെ കാലത്ത് നിന്നോട് സംസാരിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരെയും ഇസ്രയേലിനെയും യഹൂദയെയും സകല ജാതികളെയും കുറിച്ച് ഞാൻ നിന്നോട് അരുളിച്ചെയ്ത വചനങ്ങളൊക്കെയും അതിലെഴുതുക പക്ഷേ യഹൂദാഗ്രഹം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് കേട്ടിട്ട് ഓരോരുത്തൻ താൻ താൻറെ ദുർമാർഗം വിട്ടുതിരുവാനും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിപ്പാനും ഇടവരും അങ്ങനെ ഇരമ്യാവ് നേര്യാവിന്റെ മകനായ ബാരൂഖിനെ വിളിച്ചു യഹോവ ഇരമ്യാവോട് അരുളിച്ചെയ്ത സകല വചനങ്ങളെയും അവന്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് ഒരു പുസ്തക ചുരുളിൽ എഴുതി ഇരമ്യാവ് ബാരൂക്കിനോട് കൽപ്പിച്ചത് ഞാൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് യഹോവയുടെ ആലയത്തിൽ പോകുവാൻ കഴിവില്ല ആകയാൽ നീ ചെന്ന് എന്റെ വാമൊഴി കേട്ട് എഴുതിയ ചുരുളിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ യഹോവയുടെ ആലയത്തിൽ ഉപവാസ ദിവസത്തിൽ തന്നെ ജനം കേൾക്കെ വായിക്കാം അതത് പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യഹൂദയും കേൾക്കെ നീ അത് വായിക്കണം പക്ഷേ അവർ യഹോവയുടെ മുമ്പിൽ വീണ് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തൻ താൻ താൻറെ ദുർമാർഗം വിട്ടുതിരിയും യഹോവ ഈ ജനത്തിന് വിധിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലിയതല്ലോ ഇരമ്യപ്രവാചകൻ തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നേര്യാവിന്റെ മകനായ ബാരൂഖ് ചെയ്തു യഹോവയുടെ ആലയത്തിൽ ആ പുസ്തകത്തിൽ നിന്ന് യഹോവയുടെ വചനങ്ങളെ വായിച്ചു കേൾപ്പിച്ചു യോശിയാവിന്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കിമിന്റെ അഞ്ചാമണ്ടിൽ ഒമ്പതാം മാസത്തിൽ അവർ യെരിശിലേമിലെ സകല ജനത്തിനും യഹൂദ പട്ടണങ്ങളിൽ നിന്ന് യരിശിലേമിൽ വന്ന സകല ജനത്തിനും യഹോവയുടെ മുമ്പാകെ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി അപ്പോൾ ബാരൂഖ് യഹോവയുടെ ആലയത്തിൽ യഹോവയുടെ ആലയത്തിന്റെ പുതിയ വാതിലിന്റെ പ്രവേശനത്തിങ്കൽ മേലത്തെ മുറ്റത്ത് ഷാഫാന്റെ മകനായ ഗമരിയാരായസക്കാരന്റെ മുറിയിൽ വച്ച് ആ പുസ്തകത്തിൽ നിന്ന് ഇരമ്യാവിന്റെ വചനങ്ങളെ സകല ജനത്തെയും വായിച്ച് കേൾപ്പിച്ചു ഷാഫാന്റെ മകനായ ഗമരിയാവിന്റെ മകൻ മീഖായാവ് യഹോവയുടെ വചനങ്ങളൊക്കെയും പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ അവൻ രാജഗ്രഹത്തിൽ രായസക്കാരന്റെ മുറിയിൽ ചെന്നു അവിടെ സകല പ്രഭുക്കന്മാരും ഇരുന്നിരുന്നു രായസക്കാരൻ എലീഷാമായ ഷമയ്യാവിന്റെ മകൻ ദലായാവും അക്ബോറിന്റെ മകൻ എൽ ഷാഫാന്റെ മകൻ ഗമരിയാവും ഹനന്യാവിന്റെ മകൻ സിദക്കിയാവും ശേഷം പ്രഭുക്കന്മാരും തന്നെ ബാരു ജനത്തെ പുസ്തകം വായിച്ച് കേൾപ്പിച്ചപ്പോൾ താൻ കേട്ടിരുന്ന വചനങ്ങളൊക്കെയും മീഖായാവ് അവരോട് പ്രസ്താവിച്ചു അപ്പോൾ സകല പ്രഭുക്കന്മാരും കൂശിയുടെ മകനായി ശെലമ്യാവിന്റെ മകനായ നഥന്യാവിന്റെ മകൻ യഹൂദിയെ ബാരൂഖിന്റെ അടുക്കൽ അയച്ചു നീ ജനത്തെ വായിച്ചു കേൾപ്പിച്ച പുസ്തക ചുരുൾ എടുത്തുകൊണ്ടുവരിക എന്ന് പറയിച്ചു അങ്ങനെ നേര്യാവിന്റെ മകൻ ബാരൂഖ് പുസ്തക ചുരുൾ എടുത്തുകൊണ്ട് അവരുടെ അടുക്കൽ വന്നു അവർ അവനോട് ഇവിടെ ഇരുന്ന് അത് വായിച്ചു കേൾപ്പിക്കാം എന്ന് പറഞ്ഞു ബാലൂക്ക് വായിച്ച് കേൾപ്പിച്ചു ആ വചനങ്ങളൊക്കെയും കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് തമ്മിൽ തമ്മിൽ നോക്കി ബാലൂക്കിനോട് ഈ വചനങ്ങളൊക്കെയും ഞങ്ങൾ രാജാവിനെ അറിയിക്കും എന്നു പറഞ്ഞു നീ ഈ വചനങ്ങളൊക്കെയും എങ്ങനെയാകുന്നു എഴുതിയത് അവൻ പറഞ്ഞു തന്നിട്ടോ ഞങ്ങളോട് പറക എന്നവർ ബാരൂഖഖട് ചോദിച്ചു ബാരൂഖ് അവരോട് അവൻ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തന്നു ഞാൻ മഷി കൊണ്ട് പുസ്തകത്തിൽ എഴുതി എന്നുത്തരം പറഞ്ഞു അപ്പോൾ പ്രഭുക്കന്മാർ ബാരൂഖിനോട് പോയി നീയും എരമ്യാവും കൂടെ ഒളിച്ചുകൊൾവിൻ നിങ്ങൾ ഇന്നടത്തിരിക്കുന്നു എന്ന് ആരും അറിയരുത് പറഞ്ഞു അനന്തരം അവർ പുസ്തക എലിഷാമയുടെ മുറിയിൽ വെച്ചു അരമനയിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് ആ വചനങ്ങളൊക്കെയും രാജാവിനെ ബോധിപ്പിച്ചു രാജാവ് ചുരുൾ എടുത്തുകൊണ്ടുവരുവാൻ യഹൂദിയെ അയച്ചു അവൻ രാജസക്കാരനായ എലിഷാമയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു യഹൂദി അത് രാജാവിനെയും രാജാവിന്റെ ചുറ്റും നിൽക്കുന്ന സകല പ്രഭുക്കന്മാരെയും വായിച്ചു കേൾപ്പിച്ചു അന്ന് ഒമ്പതാം മാസത്തിൽ രാജാവ് ഹേമന്തഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു അവന്റെ മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു യഹൂദി മൂന്ന് നാല് ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തിയുണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു രാജാവകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല ചുരുൾ ചുട്ടുകളയരുതേ എന്ന് എൽ നാഥാനും ദലായാവും ശമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു എങ്കിലും അവൻ അവരുടെ കേട്ടില്ല അനന്തരം ബാരൂഖ് എന്ന എഴുത്തുകാരനെയും എരമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായോടും അസ്രിയേലിന്റെ മകനായ യാവോടും അബ്ദേലിന്റെ മകനായ ശെലമ്യാവോടും കൽപ്പിച്ചു എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു ചുരുളും ബാരൂക്ക് ഇരമ്യാവിന്റെ വാമൊഴി എഴുതിയിരുന്ന വചനങ്ങളും രാജാവ് ചുട്ടുകളഞ്ഞ ശേഷം യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിനുണ്ടായതെന്നാൽ നീ മറ്റൊരു ചുരുൾ മേടിച്ച് യഹൂദ രാജാവായ യഹോയാക്കിയും ചുട്ടുകളഞ്ഞ മുമ്പലത്തെ ചുരുളിൽ ഉണ്ടായിരുന്ന വചനങ്ങളൊക്കെയും അതിലെഴുതുക എന്നാൽ യഹൂദരാജാവായ യഹോയാക്യുമിനോട് നീ പറയേണ്ടത് യഹോ ഇപ്രകാരം അരുളി ചെയ്യുന്നു ബാബൽ രാജാവ് വന്ന് ഈ ദേശത്തെ നശിപ്പിച്ച് മനുഷ്യനെയും മൃഗത്തെയും മുടിച്ചുകളയുമെന്ന് നീ അതിൽ എഴുതിയത് എന്തിന് എന്ന് പറഞ്ഞ് നീ ആ ചുരുൾ ചുട്ടുകളഞ്ഞുവല്ലോ അതുകൊണ്ട് യഹൂദരാജാവായ യഹോയാക്യുമിനെക്കുറിച്ച് യഹോ വൈപ്രകാരം അരുളിച്ചെയ്യുന്നു അവന് ദാവിദിന്റെ സിംഹാസനത്തിലിരിപ്പാൻ ഒരുത്തനും ഉണ്ടാകയില്ല അവന്റെ ശവം പകൽ വെയിലും രാത്രിയിൽ മഞ്ഞുമേൽപ്പാൻ എറിഞ്ഞുകളയും ഞാൻ അവനെയും അവന്റെ സന്തതിയെയും കൃത്യന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിക്കും അവർക്കും യെരുശലിം നിവാസികൾക്കും യഹൂദ പുരുഷന്മാർക്കും വരുത്തുമെന്ന് ഞാൻ വിധിച്ചതും അവർ ശ്രദ്ധിക്കാത്തതുമായ അനർത്ഥമൊക്കെയും ഞാൻ അവർക്ക് വരുത്തും അങ്ങനെ ഇരമ്യാവ് മറ്റൊരു ചുരുളെടുത്ത് നേര്യാവിന്റെ മകൻ ബാരൂഖെന്ന എഴുത്തുകാരന്റെ കയ്യിൽ കൊടുത്തു അവൻ യഹൂദ രാജാവായ യഹോയാക്കിം തീയിലിട്ട് ചുട്ടുകളഞ്ഞ പുസ്തകത്തിലെ വചനങ്ങളൊക്കെയും ഇരമ്യാവിന്റെ വാമൊഴി പ്രകാരം അതിലെഴുതി അതുപോലെയുള്ള ഏറിയ വചനങ്ങളും ചേർത്തെഴുതുവാൻ സംഗതി വന്നു